മക്കയിൽ നബ്സുഅഅലി വസ്ല്ലം ആദ്യം നടത്തിയ ഈ ഡത്ത് മൂന്ന് വർഷത്തോളം നബ്സു വല്ല തുടർന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ ആദ്യത്തിൽ റസൂൾ വിശ്വസിച്ചു ആദ്യം നബ്സല്ലാ അലൈഹി വസ്ല്ലെ സത്യപ്പെടുത്തിയത് റസൂൾ അള്ളൈൽ വിശ്വസിച്ചത് ഭാര്യയായ ഹദീജ ബിൻ യിലിദ റദി അള്ളാഹുഅ അവരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ഹദി ജയൻ റദിഅള്ളാഹുഅ അവർ പിന്നീട് മരിക്കുന്നതുവരെ നബിസൊള്ള അള്ളാഹുഅലഹി വസല്ലമ്മക്ക് എണ്ണ മറ്റു സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്ന അലിയു അബി പാലിബാൻ റദി അന്ന് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിട്ടില്ല അലി അറബി അള്ളാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പത്ത് വയസ്സാണ് അലി റബി അള്ളാഹു അൻഹു ആണ് നബ്അള്ള അലഹി വസ്ല്ലമയിൽ വിശ്വസിച്ച രണ്ടാമത്തെയൾ അദ്ദേഹമാണ് കുട്ടികളിൽ ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ കുട്ടികളിൽ ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ അലി റബി അള്ളാഹു ആണ് അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചയാളാണ് ജയ്ദ്ബുൻ ഹാരിഹയും ഇതുപോലെ തന്നെ കുട്ടിയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ വളർത്തുപുത്രനായി അറിയപ്പെട്ടയാളാണ് ജെയ്ദ് ഖുർആാനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു സഹാബി ജെയ്ദുബുനുഹാരിഹ സൂറത്ത് ഹജാബിൽ ജെയ്ദിന്റെ പേര് വന്നിട്ടുണ്ട് ജെയ്ദ് അടിമയായിരുന്നു ആദ്യത്തിൽ പിന്നീട് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമയുടെ വളർത്തുപുത്രനായി മാറുകയാണ് ഇപ്പൊ ജയ്ദ് റബിഅള്ളാഹു അനുഭവാണ് ഇസ്ലാം സ്വീകരിച്ച അടുത്തയാൾ പിന്നീട് നബിസ്വല്ലാഹുഅലി വസ്ല്ല ആളുകളിൽ പെട്ടവരാണ് റസൂൾ മക്കൾ പെൺമക്കൾ നബിസൊല്ലാഹു അലി വസല്ലമക്ക് നാല് പെൺമക്കൾ ഉണ്ടായിരുന്നു സൈനബ് ഉമ്മുഖുൽസോം ഫാത്തിമ റുക്കയ്യ ഈ നാല് പേരും ബി സാഹു അലിഹി വസല്ലമയിൽ വിശ്വസിച്ചു അത് സംശയമില്ലാത്ത കാര്യമാണ് റസൂൾള്ള വളർത്തിയ മക്കളാണ് അവർ മാത്രമല്ല ഹദീജ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഖദീജയുടെ പെൺമക്കൾ ഇസ്ലാം സ്വീകരിക്കുമെന്നത് സംശയല്ല ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് സംശയമില്ല അവർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിലാണ് എന്തായാലും അവരെല്ലാവരും ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് മാത്രമല്ല റസൂൾ അള്ളാഹി സ്വല്ലു അലഹി വസ്ല്ലമയോടൊപ്പം ഈ നാലുപേരും ഹിജറ പോവുകയും ചെയ്തിട്ടുണ്ട് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് ശരി പിന്നീട് നബ്സുഅഅലി വസ്ലമയിൽ വിശ്വസിച്ച ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലു ശേഷം ഏറ്റവും വലിയ സ്ഥാനമുള്ള വ്യക്തിയാണ് അബൂബീർ റസൂൾ പറഞ്ഞതുപോലെ ഞാൻ ആരെയെങ്കിലും ഒരു കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിന്റെ കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നു എന്നാൽഹു ഇനെതുപോലെ എന്നെലാക്കിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദുനിയാവിൽ നിന്നൊരു കൂട്ടുകാരൻ ഉണ്ടാകുക പറ്റില്ല റസൂൽ വിശ്വസിച്ചവരിൽ വിശ്വാസത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് അബൂബക്കർ റദി അള്ളാഹു അതുകൊണ്ടാണ് അലൈഹു അവിടെ നിന്ന് പറഞ്ഞത് ും നിങ്ങളിലേക്ക് പറഞ്ഞയച്ചു നിങ്ങൾ എല്ലാവരും പറഞ്ഞു മൊഹമ്മദ് നീ പറഞ്ഞത് എന്നാൽ അബൂബക്കർ പറഞ്ഞു മൊഹമ്മദ് പറഞ്ഞത് സത്യമാണ് മറ്റു ചില ഹദീസുകളിൽ കാണാം ഞാൻ ആരെയെല്ലാം ഇസ്ലാമിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ അത് പറഞ്ഞപ്പോൾ ചെറുതായി ഒരു പിന്നിലേക്ക് നിൽക്കൽ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു സംശയം ഒരു ചെറിയൊരു പിന്തി നിൽക്കൽ ആർക്കാകട്ടെ എല്ലാവർക്കും അതുണ്ടായിരുന്നു അബൂബക്കറിനെ അബൂബക്കർ ഒരു സംശയവും പ്രകടിപ്പിച്ചില്ല ഞാൻ പറഞ്ഞപ്പോൾ അഹമ്മദ് പറഞ്ഞത് സത്യമാണ് അങ്ങനെ വിശ്വസിച്ച വ്യക്തിയാണ് അബൂബക്കറിനുദ് എനിക്ക് അബൂബക്കർ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ സഹായിച്ചു റസൂൽ അബൂബക്കറിനോട് അത്ര ഇഷ്ടമായിരുന്നു ആ അബൂബക്കറിന സുദ് അള്ളാഹു അദ്ദേഹം വിശ്വസിച്ച ആദ്യത്തെ ആളുകളിൽ പെട്ടവരാണ് അബൂബക്കറിന സുദ്ദീഖറു അൻഹു റസൂൽ നബി ആകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കൂട്ടുകാരനാണ് മാത്രമല്ല അദ്ദേഹം അറിയപ്പെട്ട കച്ചവടക്കാരനാണ് മാത്രമല്ല മക്കാർക്ക് അബൂബക്കറിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു അബൂബക്കർ പൊതുവെ പൊതുവെ അല്ല ഫാൻ എല്ലാവരോടും ഇണങ്ങിച്ചേരും എല്ലാവരോടും പെട്ടെന്ന് അടുക്കും അതുകൊണ്ട് അബൂബക്കറി എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം മദ്യം കുടിച്ചിട്ടില്ല വിഭചരിച്ചിട്ടില്ല ജാഹലിയത്തിലെ വൃത്തികേടുകളിൽ നിന്നെല്ലാം അബൂബക്കർ അള്ളാഹ്ഹു മുൻപ് തന്നെ മോചിതനായിരുന്നു അദ്ദേഹം അതിലേക്കൊന്നും പോയിട്ടില്ല യുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു മക്കാർക്കാകട്ടെ അബൂബക്കറിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു മാത്രമല്ല കുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ നെസബിനെക്കുറിച്ച് കുറയ്ശികൾ ആരൊക്കെ ആരൊക്കെ അവരുടെ പരമ്പരകൾ ഇത് ഏറ്റവും നന്നായി അറിഞ്ഞിരുന്ന ആളാണ് അബൂബക്കർ ഹൃദയള്ളഹ് ഇങ്ങനെ പല നിലക്കും അബൂബക്കറിന് ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥലത്ത് ആളുകൾ വന്ന് കൂടിയിരിക്കും അദ്ദേഹത്തിനൊപ്പം ഇരിക്കുക എന്നുള്ള അവർക്ക് ഷറഫായിരുന്നു ആ ഇരുത്തമാണ് അദ്ദേഹം ഇസ്ലാമിക ദാവത്തിനു വേണ്ടി ഏറ്റവും ഉപയോഗപ്പെടുത്തിയത് അബൂബ റസുദ് അള്ളാ ഫാനുവിന്റെ അടുക്കൽ ആളുകൾ വന്നിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഇരുത്തം അദ്ദേഹം ഇസ്ലാമിക ദാവത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി അതുകൊണ്ടാണ് സഹാബികളുടെ ചരിത്രമെടുത്താൽ പ്രമുഖരായ പല ആളുകളും അബുബക്കർ ധാവത്ത് കൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് അതിൽ ചില ആളുകളുടെ പേര് നമ്മളിവിടെ പറയാം ഒന്ന് മൂന്നാമത്തെയാണ് അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്താളുകളിൽ ഒരാളാണ് അദ്ദേഹം അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ അബുൽ ഔഫഫ് സഹാബികളിലെ സമ്പന്നൻ ധാരാളം സ്വതൊക്കെ ചെയ്തിരുന്നയാൾ സ്വർഗം കൊണ്ട് സന്തോഷവർത്താനിക്കപ്പെട്ടയാൾ അബ്ദുറഹ്മാൻ അതുപോലെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ആദ്യമായി അമ്പെയ്ത അതുപോലെ ഒക്കെ നിങ്ങൾക്ക് പരിചിതമായ പേരുകളാണ് സഹാബികളുടെ കൂട്ടത്തിൽ വളരെ പരിചിതമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രത്യേകം എടുത്തു പറയാവുന്ന ചരിത്രമുള്ള സഹാബികളാണ് ഇവരൊക്കെ അദ്ദേഹം സഹാബികളി വളരെ പ്രമുഖനാണ് സന്ദർഭത്തിൽ അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാൻ നിശ്ചയിച്ച ഷൂറയിൽ മെമ്പറൻ അള്ളാൻ്റെ ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ അത്ര അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരിക്കണം അതിൽപ്പെട്ടയാളാണ് ഈ പറഞ്ഞ ആളുകൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ പെട്ടതാണ് അബുബക്കറ സുദീ പ്രതി അള്ളാഹു അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത് ഇവരൊക്കെ ഇസ്ലാം തുടക്കത്തിൽ സ്വീകരിച്ച ആളുകളാണ് എട്ട് ഒൻപത് ആൾക്കാരുടെ സമയത്ത് വളരെ ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എത്ര നമ്മൾ പറഞ്ഞാലും എത്ര നമ്മൾ മനസ്സിൽ കണ്ടാലും നമുക്കത് ഊഹിച്ചെടുക്കാൻ പറ്റില്ല അത്ര വലിയ സ്ഥാനം അള്ളാഹുന് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുണ്ട് അതുകൊണ്ടാണ് ഹാലിദുബിനുള്ള വലീദ് റദി അള്ളാഹു ആണ് അദ്ദേഹം സഹാബിയാണ് അദ്ദേഹം ഒരിക്കൽ സഹാബികളിൽപ്പെട്ട ചിലരുമായി ചെറിയ സംസാരമുണ്ടായി അങ്ങനെ ഈ രണ്ട് സഹാബികൾ റസൂൾ അടുക്കിൽ വന്നപ്പോൾ നിങ്ങൾ ചീത്ത പറയരുത് ആരോടാണ് പറയുന്നത് സഹാബിയായോട് നിങ്ങളിൽ ഒരാൾ ഓഹദുമലയോളം സ്വർണം ചെലവഴിച്ചാലും അലീദിനോട് പറഞ്ഞ വാക്കാണ് ഓഹദുമലയോളം നിങ്ങൾ സ്വർണം ചെലവഴിച്ചാലും അവർ ചിലവഴിച്ച ഒരു മുദ്ദിനോളം മുദ്ന്ന് പറഞ്ഞ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാനാണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മുദർ ചിലവഴിച്ച ഒരു മുദ്ദിനോളം അല്ലെങ്കിൽ ഒരു മുദ്ദിന്റെ പകുതിയോളം നിങ്ങളുടെ ആ ദാനം എത്തുകയില്ല ഈ സഹാബികളെ പറ്റിയാണ് ഇത് ഈ ഹജീദുകൾ കേട്ടാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അകറ്റി നിർത്തേണ്ടവരാണ് ഷിയത്തിലെ ആളുകൾ ഷിയ ഷിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അറാഫികൾ എന്ന കാര്യം മനസ്സിലാവും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ സഹാബികൾ ഇവർക്കൊക്കെ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ അള്ളാഹു കഴിഞ്ഞാൽ കാരണമായ അബൂബക്ര സുദ് ഹൃദി അള്ളാഹു അനുഹുവിനെ ചീത്ത വിളിക്കുക എന്നത് മഹത്തരമായ വിഭാഗത്താണ് എത്രമാത്രം ചീത്ത ഒരാൾ അധികരിക്കുന്നു അടുക്കൽ അവരുടെ അടുക്കൽ അയാൾ വലിയ ഈ ഷെയ്ത്താൻമാർക്ക് ഇസ്ലാമുമായി ഒരു ബന്ധമില്ലാന്നുള്ളതിനുള്ള തെളിവുകളിൽ പ്രധാനപ്പെട്ട തെളിവാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ചരിത്രം വഹിച്ചാമൻ അത്ര വലിയ സ്ഥാനമുള്ള ആളുകൾ അവരെ ചീത്ത വിളിക്കാന്നുള്ളതും അവരെ ശഭിക്കാന്നുള്ളതും അവരെ നരകത്തിൽപ്പെട്ട ആളുകളാണ് പറയലാണ് ഈ കൌമിന്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞത് ശരി അബുബക്കർ അള്ളാഹാൻ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച പ്രധാനപ്പെട്ട ചില ആളുകളാണ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ധാരാളം പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ പെട്ടവരാണ് അബുഅബിൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന് പേര് കേട്ടാണ് പിന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണ് അബു അസ്ലം അബു സലമ അബു അബ്ദുൽ അസദ് റസൂൽ അള്ളിസ്വലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അദ്ദേഹം ഹംസാർ അബി അള്ളാഹു പോലെ സഹോദരനാണ് അതുപോലെ റസൂൾ സഹാബികളും താമസിച്ച ദാറുൽ അർക്കമിന്റെ ഉടമ അവിടുത്തെ ദാവത്തിന്റെ തുടക്കത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന അവരുടെ ദാവത്ത് നടത്തിയിരുന്ന അവർ ഒത്തുകൂടിയിരുന്ന സ്ഥലം അർക്കമിന്റെ വീടാണ് ആ അർക്കം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കറസുദ് അള്ളഹുനെ കൊണ്ടാണ് അതുപോലെ തന്നെ സഹാബികളിൽ അബാദത്തു കൊണ്ട് അറിയപ്പെട്ട റസ്മാൻ എന്ന സഹാബി അതുപോലെ ഹാരിസ് അബ്ദുൽ മുത്തലിം ബദരീങ്ങളിൽ പെട്ടയാളാണ് Oh ു സുറുബിൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്താളുകളിൽ ഒരാളാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരൊക്കെ അബൂബക്കറിനെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ് അതുപോലെ അബൂബക്കർ മകളായ ഇസ്ലാമിന്റെ മാർഗത്തിൽ വളരെ പീഡനങ്ങൾ സഹിച്ച സഹാബിയാൻ ഹബാബുബു അൽ അറത്ത് അതുപോലെ തന്നെ അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അയാൾ ചെയ്ത നന്മകളുടെ എല്ലാം പങ്ക് അവർക്കുണ്ട് സഹാബികളുടെ നേതാക്കന്മാർ അവർ ഇസ്ലാമിലേക്ക് വന്നത് അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് അദ്ദേഹം അത്രമാത്രം ഇസ്ലാമിക ധാവത്തിൽ മുന്നിൽ നിന്നിരുന്ന വ്യക്തിത്വങ്ങളിൽ ശരി ഈ പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാം ആദ്യത്തിൽ സ്വീകരിച്ച ചില സഹാബികളാണ് പിന്നീട് നബിസല്ലാ അലിഹി വസ്ല്ലം അവിടുത്തെ ദേവത്ത് രഹസ്യമായി തന്നെ തുടർന്നു പക്ഷെ വ്യക്തികൾ ഓരോരോ വ്യക്തികൾ അവർ തങ്ങളുടെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു പറഞ്ഞ് അങ്ങനെയാണ് ഇസ്ലാമിലെ ദൌവത്ത് ആദ്യ കാലഘട്ടത്തിൽ പ്രചരിച്ചത് ജനങ്ങൾ ഓരോരുത്തരെയായിട്ട് ഓരോരുത്തർ വ്യക്തികൾ പറഞ്ഞു പറഞ്ഞു കേൾക്കും അങ്ങനെ അവർ നബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ അടുക്കൽ വരും ഇസ്ലാം സ്വീകരിക്കും അവരുടെ ദീൻ രഹസ്യമായി കൊണ്ട് നടക്കും ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ ചില നാടുകളിൽ ചിലപ്പോൾ വന്നേക്കാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആർക്കെങ്കിലും വന്നാൽ അത്ര പ്രയാസം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് പ്രാവർത്തികമാക്കേണ്ടി എന്നാൽ ഗൌരവത്തിൽ ഓർമ്മ ഓർമ്മിക്കേണ്ട ഒരു കാര്യം റസൂൾ സമയുടെ ദൌഢത്തിന്റെ ഈ തുടക്ക അത് തങ്ങളുടെ സംഘടനകളുടെ രഹസ്യ മീറ്റിങ്ങുകൾക്ക് തെളിവാക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അർക്കമിന്റെ വീട്ടിൽ റസൂൾ കൂടിയതുപോലെ ഒരു വീട്ടിൽ മെഴുകിതിരിവട്ടത്തിൽ കൂടിയിരിക്കണം എന്നിട്ട് അർക്കമിന്റെ വീട്ടിൽ റസൂള്ള ചർച്ച ചെയ്ത കാര്യമാണ് അവർ ചർച്ച ചെയ്യുന്നത് അല്ല ചർച്ച ചെയ്യുന്നത് മുഴുവൻ ബദർ യുദ്ധത്തിന്റെ കാര്യമാണ് മദീനയിൽ സംഭവിച്ച കാര്യങ്ങൾ അർക്കമിന്റെ വീട്ടിലാണ് കൂടിയിട്ടുള്ളത് അർക്കമിന്റെ വീട്ടിൽ നിന്നാണ് ബദർ യുദ്ധം തീരുമാനിച്ചത് അല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിച്ച് പ്രചരിക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഇസ്ലാമിക ചരിത്രത്തെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവർ ഒമർബുൽ അള്ളാ മാു പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത മീറ്റിങ്ങുകൾ ഒരാൾ വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അയാൾ ഫെസാദിലാണ് അയാൾക്ക് ഉറപ്പുണ്ടാക്കാൻ ഉദ്ദേശിക്കാം മുസ്ലിമീങ്ങൾക്ക് കയറി വരാൻ പറ്റാത്ത മീറ്റിങ്ങുകൾ അത് വളരെ അപകടം പിടിച്ചതാണ് ഇങ്ങനെയുള്ള നാടുകളിലാണെങ്കിൽ രഹസ്യ മീറ്റിങ്ങുകൾ എന്ന് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല അലഹമദില്ല നമസ്കരിക്കാൻ പറയാൻ അനുവാദമുണ്ട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി റസൂൾ ഉള്ള അർക്കമിന്റെ വീട്ടിൽ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അവസ്ഥ ഇവിടെ ഇല്ലേയില്ല എന്നാൽ ആ സംഭവങ്ങൾ തെളിവ് പിടിക്കുകയും പിന്നെ റസൂൾ ദാറുൽ അർക്കമിലെ സംഭവങ്ങൾ തെളിവ് പിടിച്ചിട്ട് ഇവരെന്താ ചെയ്യാറുള്ളത് ഇത്തരം രഹസ്യ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക എന്നിട്ട് അതിന്റെ ഉള്ളിലിരുന്ന് ബദ്രയുദ്ധത്തിന്റെ ചരിത്രം പറയാം വഹദുദ്ധത്തിന്റെ ചരിത്രം പറയാം എന്നിട്ട് മുസ്ലിം ഇത് പീഡിപ്പിക്കപ്പെടാണ് നമ്മൾ തിരിച്ചടിക്കണം ൾ ആയുധം ശേഖരിച്ചു വെക്കണം അപ്പോൾ അവർക്ക് വേണ്ടടുത്ത് ധാരുളർക്കമുണ്ട് അവർക്ക് വേണ്ടാത്തടത്ത് ധാരുളർക്കമില്ല റസൂളുള്ള പതിമൂന്ന് കൊല്ലം മക്കയിൽ ക്ഷമിച്ചു കഴിഞ്ഞ ചരിത്രം പറഞ്ഞാൽ അവർ പറയും നമ്മളിവിടെ ക്ഷമിച്ചു കഴിയണം നിങ്ങൾ പറയും മക്ക കാലഘട്ടം പോലെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നവർ തിരിച്ചു വലിക്കും എന്നിട്ട് അതേ ആളുകൾ അവരുടെ രഹസ്യ മീറ്റിങ്ങുകൾക്ക് അർക്കമിന്റെ സംഭവം തെളിവാക്കും അർക്കമിന്റെ വീട്ടിൽ അബ്സല്ലാസലമ കൂടി അവിടെ നിന്ന് റസൂൾ ഉള്ള പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ അല്ല റസൂൾ ഉള്ള അന്ന് പഠിപ്പിച്ചു കൊടുത്തത് തൊഹീതാണ് അള്ളാഹ് കഴിവാദത്തെയാണ് ഉള്ളല്ലാത്തവരെ ആരാധിക്കരുത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് ഈ പറയുന്ന വിഷയങ്ങൾ റസൂള്ള അറക്കമ്മിന്റെ വീട്ടിൽ പഠിപ്പിച്ചു കൊടുത്ത ഈ കാര്യങ്ങൾ അതാകട്ടെ ഈ പറഞ്ഞ ആളുകൾക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന വിഷയമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയാ വളരെ പിന്തിരിപ്പൻ ശാഖാപരമായ വിഷയങ്ങൾ എന്നു പറയുന്ന ആളുകൾ അവർക്ക് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ സീറയുമായി അവിടുത്തെ ചരിത്രവുമായി അതൊരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ശരി അള്ളാഹു അലി വസല്ലമ്മയുടെ ധാവത്തിന്റെ തുടക്ക കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ നിയമങ്ങൾ കാര്യമായി അവതരിച്ചിട്ടില്ല ആകെ അവതരിച്ച നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു വർഷം രാത്രി നിസ്കാരം നിർബന്ധ പിന്നീട് രാത്രി നിസ്കാരം സുന്നത്താക്കപ്പെട്ടു എന്നിട്ട് രണ്ട് വക്തലെ നിസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെട്ടു ആ രണ്ട് വക്തുകൾ ഒന്ന് ശുഭ നിസ്കാരമാണ് രണ്ട് നിസ്കാരമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് നിഷ്കാരങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട് പല ഹരീസുകളും ഈ രണ്ട് നിസ്കാരങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞേക്കാണാം ശുഭ നിസ്കാരവും അസ്വ നിസ്കാരവും കാരണം ഈ രണ്ട് നിഷ്കാരങ്ങൾ ഇസ്ലാമിലെ ആദ്യ കാലഘട്ടത്തിൽ നിർബന്ധമാക്കപ്പെട്ട നിസ്കാരമാണ് അതിന് തെളിവ് അലഹാഫു കഹീമുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ وقبل طلوع الشمس وقبل الغروب مينند ربنا تسبيح جلج اپول قبل طلوع الشمس سور ادിക്കുന്നದಿಂದು ಮೊんど سور ادിക്കുന്നಮನೋಸ್ಕಾರ ಏನ ಫಜರ ನಿಸ್ಕಾರಾ ಸುಭಾನ ನಿಸ್ಕಾರಾ وقبل الغروب ಅದೋಲ ತನ سور ಅಸ್ತಮಿಕನದಿಂದು ಮೊんど ಅದೇದಾನ ಅಸರ ನಿಸ್ಕಾರಾ ಈ ಎರಡು ನಿಸ್ಕಾರಗಳು ಮಾತ್ರವಾ ಇಸ್ಲಾಮಿನ ಆದ್ಯ ಕಾಲಘಟ್ಟದಿ ನಿರ್ಬಂಧಮಾಕಪಟ್ಟ ನಿಸ್ಕಾರಂ ನಿಸ್ಕಾರತೋಡಪೂ ಸಹಜವಾಗಿಕಮೈಟ್ ಏದು ವಿಧಿಗೋಡಿ കൂടിയದು ವನ್ನಿಟುಂಡಾವು വതൂവ് കൂടി വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സീറ വിശദീകരിച്ച ആളുകൾ പറഞ്ഞു വധൂവ് നിസ്കാരം ഈ രണ്ട് കാര്യങ്ങളാണ് കർമ്മം എന്ന രൂപത്തിൽ ഇസ്ലാമിൽ നിയമമാക്കപ്പെട്ട രണ്ട് നിയമങ്ങൾ പിന്നീടുള്ള കർമ്മങ്ങളിൽ പ്രധാനമായും വന്നത് മക്കാ വന്ന അഞ്ച് വക്ത നിസ്കാരമാണ് അത് മക്കാ അവസാനിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്രാം മെഹറാജിന്റെ സമയത്ത് അതല്ലാതെയുള്ള നിയമങ്ങൾ പ്രാവർത്തിക നിയമങ്ങൾ ഇസ്ലാമിൽ അവതരിച്ചിട്ടില്ല ഇസ്ലാമിൽ ആദ്യം ആദ്യം വന്ന ആയത്തുകളൊക്കെ അവസാനത്തിലുള്ള സുഹൃത്തുകൾ മിക്കതും മക്കയിൽ വന്ന സുഹൃത്തുകളാണ് അവസാനത്തിൽ അവസാനത്തിൽ മുസ്താഫിൽ അവസാനമുള്ള സുഹൃത്തുക്കൾ മിക്കതും മക്കിയായ സുഹൃത്തുകളാണ് മക്കിയായ സുഹൃത്തുകളുടെ പ്രത്യേകത എന്താണ് ഒരു മക്കിയായ സുഹൃത്ത് വേറെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽ ഒരു അടയാളം മക്കിയായ സുഹത്തുകളുടെ ആയത്തുകൾ വളരെ ചുരുങ്ങിയതായിരിക്കും ചെറുതായിരിക്കും നീളമുള്ള ആയത്തുകൾ മിക്കതും മദീനയിലാണ് മാത്രല്ല മക്കിയായ ആയത്തുകളിൽ ടെസ്കീയ തുന്ന പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തിയാൽ മാത്രമല്ല മനസ്സിൽ തട്ടുന്ന വാക്കുകൾ ശക്തമായ വാക്കുകളും പ്രയോഗങ്ങളുമാണ് മക്കയിലുള്ളത് പ്രയത്തുകൾ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാക്കും മക്കയിൽ അവതരിച്ച സുഹൃത്തുകൾ അത് അയാളുടെ തെസ്കീയത്തിന് അയാളുടെ ഈമാൻ ഉറപ്പിക്കാൻ ഏറ്റവും സഹായകമായ ആയത്തുകൾ മക്കയിലായത്തുകളാണ് കാരണം മക്കയിലാണ് ഈമാൻ ശക്തമാക്കുന്ന ആയത്തലങ്ങൾ അള്ളഹുഹ പറഞ്ഞതുപോലെ عاد ما دم انما نزل اول ما نزل منه سوره من المفصل عاد ما دم قران لله ان ارغيه المفصل هي سوره المفصل سوره الثانيه او ساهنت سوره ثانيا فيها ذكر الجنه والنار ادين سورഗതെ കുർചും നരഗതെ കുർചും ആണ് കാര്യമായി വന്നది హత్తా ఇద థాబన నాసు ఇల ఇస్లాం నజల అల్ హలల్ వల్ హరాం బిని జననల్ ఇస్లామిలేకు కూటం కూటമായി వనపోళాను హలాల్ హరాముగలు అవదరిచది ആദ്യത്തിൽ കള്ളു കുടിക്കരുത് എന്നായിരുന്നു ഖുർആാനിൽ വന്നിരുന്നത് എങ്കിൽ അവർ പറയുമായിരുന്നു ഞങ്ങൾ കള്ളുപിടിക്കാതിരിക്കില്ല ഞങ്ങൾ കള്ളു കുടിക്കും എന്നവർ പറയുമായിരുന്നു കാരണം അവർക്ക് ഈമാൻ വന്നിട്ടില്ല അപ്പൊ ആദ്യം വന്നത് ഈമാനാണ് അത് ഏതൊരാളും ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവൻ സ്വയം നന്നാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈമാൻ കാര്യങ്ങൾ പഠിക്ക ഇസ്ലാമിൽ ആദ്യം വന്ന കാര്യം ആദ്യം പഠിക്കുക അതാണ് അതിന്റെ ചർച്ചയിൽ ആദ്യം ആദ്യം എന്താണോ അള്ളാഹുദാലെ പഠിപ്പിച്ചുകൊടുത്തത് അത് ആദ്യം പഠിക്കുക പിന്നെ അവനാന്റെ നിത്യജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളും പഠിക്കാം നിസ്കാരം ഉപഭോഗം ഇങ്ങനത്തെ കാര്യങ്ങൾ നോമ്പ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അക്കീത പഠിക്കുക കാരണം അത് ശരിക്ക് പഠിച്ച് അതിന്റെ അടിത്തറ കൃത്യമാക്കിയാൽ അവൻ അതിന്റെ മേലെ അമല് പടുത്തു വരുത്താൻ പറ്റും അക്കീത ബലമില്ലാത്തതാണെങ്കിൽ അമല് നിലനിൽക്കില്ല കുറച്ച് കഴിഞ്ഞാൽ അത് ക്ഷീണിക്കും അകീത ശരിയില്ലെങ്കിൽ അമല് മുന്നിലേക്ക് കയറില്ല പല ആളുകളും ഹിതായത്തിലേക്ക് വരും പിന്നീട് അത് തകർന്നു പോകാനോ അതല്ലെങ്കിൽ അതിൽ നിന്ന് അവർ ബാക്കിലേക്ക് അടിച്ചു പോകാനോ ഉള്ള കാരണം അട്ടീത പഠിക്കാത്തത് അള്ളഹാനെ കുറിച്ച് പഠിക്കുക പഠിക്കുക സ്വർഗ്ഗം എങ്ങനെയാണ് നരകം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ അത് നന്നായി പഠിക്കുക അത് മക്കയിൽ ആദ്യം അവതരിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്